രാജാവായപ്പോൾ മുപ്പത് വയസ്സുള്ളവനായിരുന്നു അവൻ ഇസ്രയേലിൽ രണ്ട് സംവത്സരം വാണു ഷൌൽ ഇസ്രയേലിൽ മൂവായിരം പേരെ തിരഞ്ഞെടുത്തു രണ്ടായിരം പേർ ഷൌലിനോടുകൂടെ മിക്മാസും ബേതേൽമലയിലും ആയിരം പേർ യോനാഥാനോടു കൂടെ ബെന്യാമീനിലെ ഗിബയയിലും ആയിരുന്നു ശേഷം ജനത്തെ അവൻ അവനവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു പിന്നെ യോനാഥാൻ ഗേബയിലുണ്ടായിരുന്ന ഫലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു ഫിലിസ്തർ അത് കേട്ടു എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഷൌൽ ദേശത്തെല്ലാടവും കാഹളമൂതിച്ചു ഷൌൽ ഫെലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു എന്നും ഇസ്രയേൽ ഫെലിസ്തീർക്ക് നാറ്റമായി എന്നും േലൊക്കെയും കേട്ടിട്ട് ജനം ശൌലിന്റെ അടുക്കൽ ഗിൽഗാലിൽ വന്നുകൂടി എന്നാൽ ഫിലിസ്തീർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ മുപ്പതിനായിരം രഥവും ആറായിരം കുതിരച്ചേവകരും കടൽപ്പുറത്തെ മണൽ അസംഖ്യം ജനവുമായി ഒരുമിച്ചുകൂടി അവർ വന്ന് ബേത്ത് ആവന് കിഴക്ക് മിഗ് മാസിൽ എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് തങ്ങൾ വിഷമത്തിലായി എന്നാണ് ഇസ്രയേലിൽ കണ്ടപ്പോൾ ജനം ഗുഹകളിലുമള്ളക്കാടുകളിലുമാറകളിലുമരങ്ങളിലുമുഴികളിലും ചെന്ന് ഒളിച്ചു എബ്രായം യോർദാൻ കടന്നെന്ന് ഗാതുദേശത്തും ഗിലയാദിലും പോയി ഗിൽഗാലിൽ താമസിച്ചിരുന്നില്ല ജനമെല്ലാം പേടിച്ചും കൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു ഷമുവേൽ നിശ്ചയിച്ചിരുന്ന അവധിയനുസരിച്ച് അവൻ ഏഴ് ദിവസം കാത്തിരുന്നു എങ്കിലും ഷമു ഗിൽഗാലിൽ എത്തിയില്ല ജനവും അവനെ വിട്ട് ചിതറിപ്പോയി അപ്പോൾ ഹോമയാകവും സമാധാനയാകവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവെന്ന് കൽപ്പിച്ചു അവൻ തന്നെ ഹോമയാകം കഴിച്ചു ഹോമയാകം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ഷമുവേൽ വരുന്നു ഷൌൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റി ചെന്നു നീ ചെയ്തതെന്ത് എന്ന് ശമുവേൽ ചോദിച്ചു അതിന് ശൗൽ ജനം എന്നെ വിട്ട് ചിതർന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫിലിസ്തർ മിഗ്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫിലിസ്ത്യർ ഇപ്പോൾ ഇന്ന് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാകം കഴിച്ചുപോയി എന്ന് പറഞ്ഞു ശമുവേൽ ശൌലിനോട് പറഞ്ഞത് നീ ചെയ്തത്വ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല യഹോവ ഇസ്രയേലിന്മേലേ നിന്റെ രാജ്യം ആയി സ്ഥിരമാക്കുമായിരുന്നു ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കില്ല യഹോവാവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായികൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവാവ അന്വേഷിച്ചിട്ടുണ്ട് അവനെ യഹോവാവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു പിന്നെ ശമുവൽ എഴുന്നേറ്റ് ഗിൽഗാലിൽ നിന്നാണ് മീനിലെ ഗിബയിലേക്ക് പോയി തന്നോടു കൂടെയുള്ള പടജനത്തെ എണ്ണി ഏകദേശം അറുനൂറ് പേർ എന്ന് കണ്ടു ശൗലും അവന്റെ മകൻ യോനാധാനും കൂടെയുള്ള ജനവും ബെന്യാമീനിലെ ഗിബയയിൽ പാർത്തു ഫിലിസ്തീനോ മിക്മാസിൽ പാളയമിറങ്ങി ഫിലിസ്തീനയുടെ പാളയത്തിൽ നിന്ന് കവർച്ചക്കാർ മൂന്നുകൂട്ടമായി പുറപ്പെട്ടു ഒരു കൂട്ടമ്പടം ഓഫറയ്ക്കുള്ള വഴിയായിട്ടം മരുഭൂമിക്ക് നേരെ സെബോയിം താഴ്വരക്കെതിരെയുള്ള ദേശം വഴിയായും തിരിഞ്ഞു എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു എബ്രായ വാളോ കുന്തമോ തീർപ്പിക്കരുത് എന്ന് ഫെലിസ്തീർ പറഞ്ഞു ഇസ്രയേലി തങ്ങളുടെ കൊഴു കലപ്പ മഴു മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്തീരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു എന്നാൽ മൺവെട്ടി കലപ്പ മുപ്പല് മഴു എന്നിവയ്ക്കായി മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർക്ക് അരം ഉണ്ടായിരുന്നു ആകയാൽ യുദ്ധസമയത്ത് ൌലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല ഷൌലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫിലിസ്റ്ററുടെ പട്ടാളമോ മിഗ് ചുരം വരെ പുറപ്പെട്ടുവന്നു